ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ അവൻ യരിഹോവിലെത്തി കടന്നുപോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായി സക്കായ് എന്നുപേരുള്ള പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണാൻ ശ്രമിച്ചു വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാരൻ നിമിത്തം കഴിഞ്ഞില്ല എന്നാറെ അവൻ മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി യേശുവ വഴിയായി വരികയായിരുന്നു അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി സഖായിയെ വേഗമിറങ്ങിയുവാ ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു അവൻ ബന്ധപ്പെട്ട് സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു കണ്ടവരല്ല അവൻ പാവി ആ ഒരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞു സഖായിയോ നിന്ന് കർത്താവിനോട് കർത്താവ് എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രക്കു കൊടുക്കുന്നുണ്ട് വല്ലതും ചരിവായി വാങ്ങിട്ടുണ്ടെങ്കിൽ നാലുമടങ്ങും മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു യേശു അവനോട് ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ കാണാതെ പോയതിനെ തിരിഞ്ഞ് രക്ഷിപ്പാ മനുഷ്യപുത്രൻ വന്നത് പറഞ്ഞു അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ എരിശിലേമിനെ സമീപിച്ചിരിക്കും ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടും എന്ന് അവർക്ക് തോന്നുകയാലും അവൻ ഒരു ഉപമയും കൂടെ പറഞ്ഞത് എന്തെന്നാൽ കുലീനായൊരു മനുഷ്യൻ രാജ്യത്തും പ്രാപിച്ച് മടങ്ങി വരണം എന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി അവൻ പത്തുദാസന്മാരെ വിളിച്ച് അവർക്ക് പത്ത് റാത്തൽ വെള്ളിക്കൊടുത്തു ഞാൻ വരുവോളം വ്യാപാരം ചെയ്തുകൊള്ളുവീൻ എന്നും അവരോട് പറഞ്ഞു അവന്റെ പൌരന്മാരോ അവനെ പകച്ച് അവന്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചു അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു അവൻ രാജ്യത്തും പ്രാവശ്യം മടങ്ങി വന്നപ്പോൾ താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്തു എന്തു നേടി എന്ന് അറിയേണ്ടതിനും അവരെ വിളിക്കാൻ കൽപ്പിച്ചു ഒന്നാമത്തവൻ അടുത്തുവന്ന് കർത്താവേ നീ തന്ന റാത്തൽ കൊണ്ടു പത്രാത്ര എന്ന് പറഞ്ഞു അവൻ അവനോട് നന്ന് നല്ല നീ അത്യൽപത്തിൽ വിശ്വസ്തനായതുകൊണ്ട് പത്ത് പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്കാ എന്ന് കൽപ്പിച്ചു രണ്ടാമത്തവൻ വന്നു കർത്താവെ നീ തന്ന റാത്തൽ കൊണ്ട് അഞ്ചു റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു നീയും അഞ്ച് പട്ടണത്തിനും മേൽവിചാരകനായിരിക്കാ അവൻ അവനോട് കൽപ്പിച്ചു മറ്റൊരുവൻ വന്ന് കർത്താവെ ഇതാ നീണ്ട ഞാൻ അത് ഒരു ഉറുമാലയിൽ കെട്ടിവെച്ചിരുന്നു നീ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കഠിന മനുഷ്യൻ ആകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു അവൻ അവനോട് ദുഷ്ടദാസനെ നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും ഞാൻ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യന് എന്ന് നീ അറിഞ്ഞുവല്ലോ ഞാൻ വന്നെന്റെ ദ്രവ്യം പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളേണ്ടതിന് അത് നാണ്യപീഠത്തിൽ ഏൽപ്പിക്കാഞ്ഞത് എന്ത് പിന്നീ അവൻ അരികെ നിൽക്കുന്നവരോട് ആ അവന്റെ പക്കൽ നിന്ന് എടുത്തു പത്ത് രാത്രി ഉള്ളവന് പറഞ്ഞു കർഷാവെ അവന് പത്ത് ഉണ്ടല്ലോ എന്നു അവർ പറഞ്ഞു ഉള്ളവന് ഏവനും കൊടുക്കും ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ ഞാൻ തങ്ങൾക്ക് രാജാവായിരിക്കുന്ന സമ്മതമല്ലാത്ത ശത്രുക്കളായവരെ ഇവിടെ കൊണ്ടുവന്നു എന്റെ മുമ്പിൽ വെച്ച് കൊന്നുകളു ഇത് പറഞ്ഞിട്ട് അവൻ മുംബായി നടന്നുകൊണ്ട് എരുസലേമിലേക്ക് യാത്ര ചെയ്തു അവൻ ഒലീവ് മലയാരികെ യ്ക്കും ബധാന്യയ്ക്കും സമീപിച്ചപ്പോൾ ശിഷ്യന്മാർ രണ്ടുപേരെ അയച്ചു നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും അതിനെ അഴിച്ചുകൊണ്ടുവരുവീൻ അതിനെ അഴിക്കുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടേ എന്ന് പറവീൻ എന്ന് പറഞ്ഞു അയക്കപ്പെട്ടവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടയവർ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചതിന് കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്നും അവർ പറഞ്ഞു അതിന് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രം കഴുത കുട്ടി മേൽ ഇട്ടു അവൻ പോകുമ്പോൾ അവർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു അവൻ ഒലിവു ഇറക്കത്തിന് അടുത്തപ്പോൾ ശിഷ്യുമാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ട സകല വീര്യപ്രവർത്തികളെയും കുറിച്ച് സന്തോഷിച്ചു അത്യക്ഷത്തിൽ ദൈവത്തെ പുകഴ്ത്തി കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ സ്വർഗ്ഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളും മഹത്വവും എന്ന് പറഞ്ഞു പുരുഷാരത്തിൽ ചില പരീഷന്മാരോ അവനോട് ഗുരോ നിന്റെ ശിഷ്യന്മാരെ വിളക്കുക പറഞ്ഞു അതിനു അവൻ അവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തുവിളിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നുരം പറഞ്ഞു അവൻ നഗരത്തിനു സമീപിച്ചപ്പോൾ അതിനെ കണ്ടു അതിനെക്കുറിച്ച് കരഞ്ഞു ഈ നാളെ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു ഇപ്പോഴോ അത് നിന്റെ കണ്ണിനും മറിഞ്ഞിരിക്കുന്നു നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാല് പുറത്തും നിന്റെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിരത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലന്മേൽ കല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും പിന്നെ അവൻ ദൈവാലയത്തിൽ ചെന്ന് വിൽക്കുന്നവരെ പുറത്താക്കി തുടങ്ങി എന്റെ ആലയം പ്രാർത്ഥനാലയമാകും എന്ന് എഴുതിയിരിക്കുന്നു നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്നും അവരോട് പറഞ്ഞു അവൻ ദിവസേന ദീപാലയത്തിൽ ഉപദേശിച്ചു പോന്നു എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തിന്റെ പ്രധാനികളായവരും അവനെ നശിപ്പിക്കാൻ തക്കം നോക്കി എങ്കിലും ജനമെല്ലാം അവന്റെ വചനം കേട്ട് രജിച്ചിരിക്കാൻ എന്ത് ചെയ്യേണ്ടു എന്ന് അവർ അറിഞ്ഞില്ല